പറയുക അള്ളാഹുസുബാനുഹുവ ചാല നിങ്ങൾക്ക് നൽകിയ ഉപജീവനങ്ങളിൽ ചിലതിനെ നിങ്ങൾ ഹറാമും ചിലതിനെ ഹലാലുമാക്കിയതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പറയുക അള്ളാഹു സുബഹാനുഹുവ ചാല നിങ്ങൾക്ക് അനുവാദം നൽകിയതാണോ അതോ നിങ്ങൾ അള്ളാഹു സുബഹാനുഹുവ ചാലയെക്കുറിച്ച് കള്ളം കെട്ടിച്ചമർത്തുകയാണോ